അള്ളാഹു സുബ്രഹാനഹുവ ചാലായുടെ അനുഗ്രഹത്താൽ കപ്പലുകൾ കടലിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അവൻറെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാണത് തീർച്ചയായും അതിൽ ക്ഷമയുള്ളവനും നന്ദിയുള്ളവനുമായ ഏതൊരാൾക്കും ദൃഷ്ടാന്തങ്ങളുണ്ട്